യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മാറുന്നവരോ അല്ലെങ്കിൽ മറ്റൊരു സംഘത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്നവരോ ഒഴികെ ആരെങ്കിലും അന്ന് അവർക്ക് മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ അവൻ അള്ളാഹുസുബഹാനഹുവ ചായാലായുടെ കോപത്തെയാണ് നേടിയത് അവന്റെ താവളമാകട്ടെ നരകവുമാണ് അതെത്ര മോശമായ മടക്കസ്ഥാനമാകുന്നു